ലീലാവതാരനുരോ ദൂരിഭാഗവതി മഹാപുരണേ പാരമസ്യ സംഹൃതോപാഖ്യാനെ ദ്തീയോധ്യീർത്തോ ജഗൃഹേ പൗരുഷം രുപം ഭഗവാൻ മഹദാതിഭൂതം ഷോർശകലമാ ലോകസുസുരക്ഷയാ ൂർജിം പശ്യുഷാഭുധശ്രവണക്ഷി നഹസ്രമൌല്യം ഏതൽ നനാവതാരാണം നിധാനംയംയ സൃജ്യത്തെ ദരാദയ സഥമം ദിവരം സർഗമാചാരം ബ്രഹ്മ ബ്രഹ്മചര്യമ वाया सर सातरगद मही मुद्ध्यु बा സൗകര്ം ബഭോ തൃതീയം വൃഷി സർഗം ജാതെയർഷിത്വമുപേതന്ത്രം സത്വതമാചഷ്ടൈഷ്കർമ്യം കർമ്മണം യഥാ തുര്യേ ധർമ്മകലാ സർഗേ നരനാരായണാവൃഷിഭൂത്തശമോപേതമക ദുശ്ചരം ദവാ പഞ്ചമഹക്കവിലോ നമസിദ്ധേശ കാല വിപ്ലുതം പ്രോവാചാസുരയേ സഖ്യം തത്വരാമവിനിർണം ഷഷ്ടമത്രൈരവത്യത്വം മൃത പ്രാപനസൂയ ആന്വീക്ഷേമർക്കാ പ്രഹ്ലാദ്യൂജിവാൻ തതസപ്തമ ആഗൂത്തം യാമാദ്യേ സുരഗണൈ അവാ സ്വായംഭുവാന്തരം അഷ്ടമേ മേരുദിവ്യം നർയന്റർമ്മധീരാം സർവാശ്രമ നമസ്കൃതം ഋഷിഭർജിഭേജയവുമം പാർത്ഥിമം വപൂ ദുഗേമാർപ്രാസ്തേനയം സൌഷത്തമ രൂപം സാധ്യഗൃഹേ മാസ്യം ചാക്ഷോദി സമ്പ്ലവേ നവ്യോപ്യമീമ്യാമസ്വതം വനം സുരാസുരാണമുദിം മധുരത മന്ദജലം ദ്രേ കമഠരുപേണ പൃഷ്ട ഏകാദശേ വിഭൂധാന്വന്ദരം ദ്വാദശമം ത്രയോദമോമേ വാ അവായസുരാനമോഹിന മോഹയൻ സ്ത്രി ചതുർദം നാരസിംഹം വിഭ്രദ്ധാരകടൽ പഞ്ചദശം പ്രദിൽസു ത്രിവിഷ്ടമം അവതാരേഷോടമേ പശ്യൻ ബ്രഹ്മദ്രുഹോ നൃപാന്തൃത് നിക്ഷത്രാമകീം തതേ ജാത സത്യവംബരാശരാ ചേ വേദതരോ ദൃഷ്ട് പുംസോ അൽപ്പമേധേവത്മാപന്നുരകാര്യ ജിഗീർഷയാ സമുദ്രനിഗ്രഹാ ചക്ര വീരണ്യത പരം ഏകോനവിംശേ വിംശതി ജന്മനി രാമ കൃഷ്ണവിധി ഭൂ ഭഗവാൻ ഹരൽഭരം തത കലോത്തെ സമോഹം അധാ യുഗസന്ധ്യം പ്രായസു ജനുശോജൽ അതാരാഹ സംേ ഹരെപതേശകലസ ഭഗവാൻ സ്വയം േുവാർവോ നിശ്യത്വ്യൂഢുണൂഹിതം അദൃഷ്ടാശ്രത വസ്തുവീവോ യത്രേ മേ സൽ രുപെ പ്രതിഷിദ്ധേ സു സംവിധേ അവിദ്യേ ആൽപ്പൽ ബ്രഹ്മ ദർശനം യേശോപരദേവീ മാൈശാരദീമതിന്മാനി കർമാ ഹ്യജനശ്ചർണയോദഗുഹ്യം സൃജത്വത്തിന സജ്ജത്തെസ്ൻ ഭൂതേഷതന്ത്രി ജിഘൃതി ോന്നട ചര്യാമി മാറ്റ സ വേദാതുപംബര സുരന്തവീര്യഥാംഗമാണേ യോ മായേ ആസന്തതയാവൃത്ത ഭജേതൽസരജഗന്ധം അധേഹധനാഭവം യദ്വാസുദേവഖി ലോകനഥേേ കൂറന്തിർമ ആത്മഭാവം നയത്ര ഭൂയ പരിവർത്ത ഇണം ബ്രഹ്മസം ഇതം ഉത്തമശ്ലോക ചരിതം ചകാര ഭഗവാൻ ഋഷി നിശ്രേയസായ ലോകസന്യം സുസ്തം അഹൽ തതിദം ഗ്രാഹയാമാസുതമാത്മവദാം വരം സർവേതിഹാസം സാരം സാരം സമുധൃതം സധു സംശ്രാവയാസ മഹാ ധാമോതേർമ്മജസ്സോ പുരാണർക്കോധു തീർത്ത വിപ്രഷേർഭൂരിഹം ജാധ്യമം തത്രം വശ്രാവധീതം യഥാതി ശ്രീമദ്ഭാഗവത മഹാപുരാണേ പാരമംസ്യം സംവിധായം नहीं गोविंदा, गोविंदा, गोविंदा। गुण्दा। गुण्दा। हरे शंभो हादेव अारायण ना। संप्रसिदती भागवत चर्चा मुख्य विषय എങ്ങനെയായാലും മനസ്സിന് ശാന്തി ഉണ്ടാവുക മനുഷ്യൻ സ്വയം ചർച്ച ചെയ്ത് സ്വയം ഉത്തരം കണ്ടെത്തേണ്ട മുഖ്യമായ ഒരു പ്രശ്നമാണത് മനസ്സമാധാനം ഉണ്ടാവലാണ് മനുഷ്യ ജീവിതത്തെ ഏറ്റവും മുഖ്യമായ കാര്യം സജ്ജനങ്ങളുടെ സംസർഗം കൊണ്ടേ ഈ പ്രശ്നത്തിന് ഭംഗിയായ ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കൂ എന്നും ഭാഗവതത്തിന് അഭിപ്രായമുണ്ട് അതുകൊണ്ട് ആദ്യം തന്നെ ഒരു സജ്ജന സദസ്സാണ് ഭാഗവതത്തിൽ ചിത്രീകരിച്ചത് നൈമിഷേ നിമിഷ ക്ഷേത്രേ ഋഷയ സ്വർഗായ ലോകായ സഹസ്രസമം ആസദ ശൗനകൻ എന്ന പേരിൽ പ്രസിദ്ധനായൊരു മഹാത്മാവ് അദ്ദേഹം കുറച്ച് സജനങ്ങളെ ഒരേ സ്ഥലത്ത് സമ്മേളിക്കാനായിട്ട് ക്ഷണിച്ചു അവരാക്ഷണം സ്വീകരിക്കുകയും ചെയ്തു നൈമിശാരണ്യം എന്ന പേരിൽ പ്രസിദ്ധമായ പുണ്യസങ്കേതത്തിലാണ് ശൗനകനും കുറേയേറെ സജനങ്ങളും സമ്മേളിച്ചിട്ടുള്ളത് അവരുടെ സമ്മേളനത്തിൻ്റെ മുഖ്യമായ ലക്ഷ്യം സ്വർഗായ ലോകായ ലോകത്തിന് ശാന്തിയും സമാധാനവും കൈവരണം വെറൊരു വ്യക്തിക്കല്ല സമൂഹത്തിനാകെ പ്രപഞ്ചത്തിലെ ജീവരാശികൾക്കാകെ ശാന്തിയും സമാധാനവും കൈവരിക്കാൻ എന്താണ് മാർഗം എന്ന് ചർച്ച ചെയ്ത് അവർക്ക് തോന്നിയ പരിഹാരം സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ വന്നിട്ടുള്ളത് അവിടെ കൂടിയ ആളുകൾക്ക് പൊതുവേ ഒരഭിപ്രായഗതി ഉണ്ട് അത് മറ്റൊന്നുമല്ല പരസ്പരാനുകഥനം പാവനം ഭഗവത്യശ മിഥോരതി മിഥസ്തുഷ്ടി നിവൃത്തിർമിത ആത്മന ഭഗവത് കഥാശ്രവണ കീർത്തന സ്മരണാദികളിലൂടെയാണ് സാധാരണക്കാർക്ക് എളുപ്പത്തിൽ മനസ്സിന് ശാന്തി കൈവരിക്കാൻ സാധിക്കുക അപ്പോൾ സാധാരണക്കാരുടെ ഈ സമാധാനം മനസ്സമാധാനം ലക്ഷ്യമാക്കിക്കൊണ്ട് ഭഗവത്കഥകൾ പാടുക ഭഗവത്കഥകൾ കേൾക്കുക ഭഗവത്കഥകൾ സ്മരിക്കുക ഇത് ജീവിതത്തിലെ മുഖ്യ കർത്തവ്യമായി സ്വീകരിച്ച കുറച്ച് സജ്ജനങ്ങളാണ് അന്നവിടെ സമ്മേളിച്ചത് പ്രാതരഹുതഹുതാഗ്നയ പ്രഭാതത്തിലെഴുന്നേറ്റ് ഗണോതിയോമം മറ്റ് തേവാരങ്ങള് സന്ധ്യാവന്തനം ഗായത്രി ജപം ഇതെല്ലാം കഴിഞ്ഞ് അവർ സമ്മേളിച്ചു ആരെങ്കിലൊരാൾ ഭഗവത്കഥ പാടുക മറ്റുള്ളവരത് സശ്രദ്ധം കേൾക്കുക ഇതായിരുന്നു അവരുടെ പരിപാടി ശുശ്രൂഷോ ശ്രദ്ധധാനസ്യ വാസുദേവകഥാ രുചി സ്യാൻ മഹൽസേവയാ ശ്രദ്ധയോടുകൂടി ഭഗവത്കഥ കേട്ടാൽ ഭഗവാൻ്റെ ശ്രീവാദങ്ങളിൽ ഉള്ള ആഭിമുഖ്യം വർദ്ധിച്ചു വർദ്ധിച്ചു വരും അപ്പോൾ മനസ്സിന് ശാന്തിയും സമാധാനവും ലഭിക്കും ഒരാൾ കുറച്ചുനേരം ഭഗവത്കഥ പാടുക മറ്റുള്ളവർ അത് ശ്രദ്ധയോടുകൂടി കേൾക്കുക കുറച്ച് കഴിഞ്ഞാൽ മറ്റൊരാൾ ഭഗവത്കഥ പാടുക ബാക്കിയുള്ളവർ അത് ശ്രദ്ധയോടെ കേൾക്കുക ഇങ്ങനെ ഒരു സമ്പ്രദായമാണ് അവർ സ്വീകരിച്ചത് പക്ഷേ അന്ന് പ്രഭാഷണം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ സൂതൻ എന്ന പേരിൽ പ്രസിദ്ധനായ ഉഗ്രശ്രവസ് എന്ന പേരിൽ പ്രസിദ്ധനായ സൂതൻ രോമഹർഷണൻ എന്ന പേരിൽ പ്രസിദ്ധനായ സൂതൻ്റെ പുത്രനുമാണ് ഇദ്ദേഹം അവിടെ യാദൃച്ഛികം എന്നോണം വന്നെത്തി സൽകൃതം സൂതം ആസീനം പപ്രച്ചു ഇതം ആദരാൽ സൂതനെ സൽക്കരിച്ചിരുത്തി സൂതനോട് അവർ അവർ ചർച്ച ചെയ്യുന്ന വിഷയമെന്ത് എന്ന കാര്യം പറഞ്ഞ് മനസ്സിലാക്കി എന്നാൽ അവരുടെ ലക്ഷ്യം ഭഗവത് കഥാശ്രവണ കീർത്തനസ്മരണാദികളാണ് പക്ഷേ അങ്ങേപ്പോലൊരു പുണ്യാത്മാവിനെ കണ്ടപ്പോൾ നേരത്തെ അടിയങ്ങൾ സജ്ജമാക്കിയ പരിപാടിയിൽ ഒരു ചെറിയ മാറ്റം വരുത്താണ് അവിടുന്ന് ഭഗവത്കഥകൾ പാടുക ഞങ്ങൾ അത് കേൾക്കുക എന്താ അങ്ങനെ പറയണത് എന്ന് ചോദിക്കരുത് അവിടത്തേക്ക് ജന്മസിദ്ധമായിട്ട് തന്നെ ഭഗവത്കഥകൾ പാടുന്നതിൽ എന്തോ ഒരു പ്രത്യേക അനുഗ്രഹമുണ്ട് കാരണവന്മാരുടെ അങ്ങയുടെ അച്ഛൻ എത്രയോ നാൾ ഭഗവത്കഥകൾ പാടി മനുഷ്യഹൃദയങ്ങളെ ആഹ്ലാദ ഭരിതമാനാക്കിയ ഒരു പുണ്യാത്മാവാണെന്ന് കേട്ടിട്ടുണ്ട് അതുപോലെ അങ്ങ് ശ്രീശുഖബ്രഹ്മർഷിയുടെ ശ്രീമുഖത്ത് നിന്ന് തന്നെ ഭഗവത്കഥകൾ കേട്ട് കേട്ട് ആനന്ദതുന്തിലനായ ഒരു വ്യക്തിയാണെന്നും ഈയുള്ളവൻ ധരിച്ചിട്ടുണ്ട് അതുകൊണ്ട് അങ്ങ് ഭഗവത്കഥകൾ പാടിക്കേൾക്കാൻ ഞങ്ങൾക്കൊരു പ്രത്യേക മോഹം തോന്നുന്നു സൗകര്യമുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാവില്ലെങ്കിൽ കുറച്ച് ഇവിടെ ഇരുന്ന് ഭഗവത്കഥകൾ പാടി കേൾപ്പിച്ചു തന്നാൽ കൊള്ളാം സുധൻ സജനങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകം പ്രത്യേകം നമസ്കരിച്ചു എന്നിട്ട് പറഞ്ഞു നിങ്ങളെപ്പോലുള്ള പുണ്യാത്മാക്കൾ ഭഗവത്കഥകൾ പാടു എന്ന് പറയുമ്പോൾ ഞാനത് ഒരഭ്യർത്ഥനയായിട്ടല്ല നിങ്ങളുടെ ഒരാജ്ഞയായിട്ടാണ് സ്വീകരിക്കുന്നത് ഒരനുഗ്രഹമായിട്ടാണ് സ്വീകരിക്കുന്നത് സജനങ്ങളുടെ സദസ്സിലിരുന്ന് ഭഗവത്കഥ പാടാൻ സാധിക്കുക എന്നുള്ളത് ജീവിതത്തിലെ മഹാഭാഗ്യങ്ങൾ ഒന്നെന്നല്ല ഏറ്റവും വലിയ മഹാഭാഗ്യം എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ കുഞ്ഞുനാളിൽ അച്ഛൻ്റെ മടിയിലിരുന്ന് ഭഗവത്കഥകൾ കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് പിന്നെ എത്രയോ എത്രയോ സജനങ്ങൾ ഭഗവത്കഥകൾ പാടുന്നത് കേട്ട് രസിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അതിനൊക്കെ പുറമെ ഈയിടെ ശ്രീശുഖബ്രഹ്മർഷി അദ്ദേഹത്തിൻ്റെ പിതാവ് വേദവ്യാസ മുനീശ്വരൻ രചിച്ച ശ്രീമദ്ഭാഗവതം പരീക്ഷിത് എന്ന പുണ്യാത്മാവിനെ ഏഴ് ദിവസം കൊണ്ട് പാടി കേൾപ്പിച്ചപ്പോൾ അഹഞ്ചാ ഞാനും ആ മഹാസദസ്സിൻ്റെ ഒരു കോണിലിരുന്ന് ശ്രീശുഖബ്രഹ്മർഷിയുടെ ശ്രീമുഖത്ത് നിന്ന് ഒഴുകി ഒഴുകി വന്ന ആ കഥാമൃതം ഒട്ടൊക്കെ ആസ്വദിക്കുക ആസ്വദിക്കുകയുണ്ടായി എന്തോ മനസ്സിൽ ചില ചില ആശയങ്ങൾക്ക് സ്ഥാനം ലഭിക്കുകയും ചെയ്തു പൂർണ്ണമായിട്ട് ശ്രീശുഖ ബ്രഹ്മർഷിയുടെ ശ്രീമുഖത്ത് നിന്ന് ലഭിച്ച ആശയങ്ങളെ ഉൾക്കൊള്ളാൻ ഈ സാധിച്ചിട്ടുണ്ട് എന്ന അഭിപ്രായമില്ല എങ്കിലും യഥാമതി ഈയുള്ളവൻ്റെ ഹൃദയ അനുസരിച്ച് ഈയുള്ളവൻ്റെ വാക്കുകളുടെ പരിമിതികളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ഭഗവത്കഥകൾ പാടാൻ ഒരു ശ്രമം നടത്താം ഈ പ്രപഞ്ചത്തിലെ എല്ലാ സംഭവ വികാസങ്ങളും സാക്ഷാൽ സച്ചിദാനന്ദമൂർത്തിയായ ഭഗവാൻ്റെ ലീലകളാണ് എന്നാണ് ഈ ഉള്ളവൻ്റെ ഒരു വിശ്വാസം പ്രപഞ്ച സൃഷ്ടിയും പ്രപഞ്ചത്തിൻ്റെ സംരക്ഷണവും ബ്രഹ്മാണ്ട കടാഹങ്ങളുടെ സംഹാരവും എല്ലാം ഭഗവാന്റെ ലീലകളാണ് അതിൽ ഭഗവാന്റെ ലീലകളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവിടുത്തെ ആദ്യത്തെ അനുഗ്രഹലീല ഇതാ അറിവിന് അഥവാ ബ്രഹ്മദേവന് ജന്മം നൽകി എന്നുള്ളതാണെന്ന് ഈ ഉള്ളവൻ കരുതുന്നു അതൊരു തരത്തിൽ ഈശ്വരൻ്റെ ആദ്യത്തെ ആവിഷ്കാരമാണ് അഥവാ ഈശ്വരന്റെ ആദ്യത്തെ അവതാരമാണ് ബ്രഹ്മ വിശ്വസൃജാം പതി ഈ പ്രപഞ്ച സൃഷ്ടികൾക്ക് മുഴുവൻ അടിസ്ഥാന കാരണം എന്ന് വ്യവഹരിക്കാവുന്ന ആ അറിവ് ബ്രഹ്മദേവൻ അന്ന് ഭഗവാന്റെ മാഫിയിൽ നിന്ന് ഉത്ഭൂതനായി അവിടുത്തെ ആദ്യത്തെ ആത്മാവിഷ്കാരം അതാണ് എന്ന് വേണമെങ്കിൽ പറയാം എന്ന ഈയുള്ളവൻ്റെ അച്ഛൻ അഭിപ്രായം ഗുരുനാഥൻ അഭിപ്രായമുണ്ട് അതേ അഭിപ്രായം ഈ മനസ്സിൽ തോന്നുന്നു ഇങ്ങനെ ഭഗവാന്റെ അവതാരങ്ങൾ ഒരു പത്തിരുപത്തൊന്ന് അവതാരങ്ങളെ സൂതൻ പേരെടുത്തു പറഞ്ഞു ശ്രീ ഗുരുവായൂരപ്പൻ്റെ രണ്ടാമത്തെ അവതാരം വരാഹാവതാരമായിട്ടാണ് ഇവിടെ സൂതൻ അനുസ്മരിച്ചത് സഥമം ദ്വിതീയന്തു ഭയസ്യ രസാതലകൻ ഉപാധത്തെ യജ്ഞേ സൗകരം വപൂം അടിത്തറ നഷ്ടപ്പെട്ടാൽ പിന്നെ എങ്ങനെയാണ് നമ്മുടെ അസ്തിത്വം അപ്പം അതുകൊണ്ട് മനുഷ്യന് അടിത്തറ നഷ്ടപ്പെട്ടു എന്ന് വന്നപ്പോൾ ആ അടിത്തറ പാകി കൊടുക്കാനായിട്ട് ഭഗവാൻ യജ്ഞവരാഹമൂർത്തിയായിട്ട് വന്നു യജ്ഞം എന്ന് പറഞ്ഞാൽ കൂട്ടായ്മയാണ് സാമൂഹ്യ നന്മയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവൃത്തികൾക്കാണ് യജ്ഞം എന്ന് പറയുക യജ്ഞേശ്വരനായ യജ്ഞോ യജ്ഞപതി യജ്ഞ യജ്ഞാങ്കോ യജ്ഞവാഹന യജ്ഞപ്രിൽ യജ്ഞക്രി യജ്ഞി എന്നൊക്കെ സജനങ്ങൾ വ്യവഹരിക്കുന്നു അവിടുന്ന് അന്ന് യജ്ഞ അവതരിച്ചു ഇതാ ജീവരാശികൾക്ക് ഒരടിത്തറ ഒരടിസ്ഥാനം ഉണ്ടാക്കിക്കൊടുത്തു പിന്നെ അവിടുത്തെ മൂന്നാമത്തെ അവതാരമായിട്ട് ശ്രീ സൂതൻ അനുസ്മരിച്ചത് ശ്രീനാരദ മഹർഷിയുടെ അവതാരമാണ് നാരദ മഹർഷി ഒരവതാരമൂർത്തിയായിട്ട് തന്നെയാണ് സൂതൻ കണക്ക അദ്ദേഹത്തെ കണക്കാക്കണത് തൃതീയം ഋഷി സർഗം ച ദേവ ഋഷിത്വം തന്ത്രം സാത്വതമാചഷ്ട നൈഷ്കർമ്മ്യം കർമ്മ്യത മനുഷ്യൻ കർമ്മങ്ങളിലൂടെ നൈഷ്കർമ്മ്യത്തിലേക്ക് അതായത് കർമ്മബന്ധങ്ങളിൽ നിന്നുള്ള മുക്തിയിലേക്ക് ചെന്നെത്തുകയാണ് വേണ്ടത് അങ്ങനെ മനുഷ്യൻ്റെ എല്ലാ കർമ്മങ്ങളുടെയും എല്ലാ പ്രവൃത്തികളുടെയും ആത്യന്തികമായ ലക്ഷ്യം കർമ്മബന്ധങ്ങളിൽ നിന്ന് സ്വയം വിമുക്തനാവുകയാണ് എന്ന സന്ദേശം ലോകത്തിൽ അനുഭവപ്പെടുത്തി കൊടുത്ത പുണ്യാത്മാവാണ് ഇതാ ശ്രീനാരദ മഹർഷി ഈശ്വരൻ അവിടുത്തെ നാലാമത്തെ അവതാരങ്ങൾ ഒരു ഇരട്ട അവതാരം എന്ന് പറയാം നരനാരായണ ഋഷി ബദരി പുണ്യസങ്കേതത്തിൽ ഈശ്വരൻ്റെയും മനുഷ്യൻ്റെയും സമന്വയത്തിൻ്റെ ഒരു പ്രതീകം എന്ന നിലയിൽ പ്രകാശിച്ചരുളുന്ന ആ നരനാരായണ മഹർഷിശ്വരന്മാർ ഭഗവാൻ്റെ നാലാമത്തെ അവതാരമായിട്ടാണ് സുതൻ പറയണത് പഞ്ചമാ കപിലോ നാമ അവിടുത്തെ അഞ്ചാമത്തെ അവതാരമാണ് കപിലാവതാരം കപിലാവതാരത്തിൻ്റെ മുഖ്യ ലക്ഷ്യം മനുഷ്യഹൃദയങ്ങളിൽ കാല വിപ്ലുതം ഈ കാലത്തിൻ്റെ കനത്ത സമ്മർദ്ദം കൊണ്ട് മനുഷ്യഹൃദയങ്ങളിലുണ്ടാകുന്ന കരടുകൾ അതുമാക്കിക്കളയ ഇതായിരുന്നു കവി ലാവതാരത്തിൻ്റെ മുഖ്യ ലക്ഷ്യം ഷഷ്ഠേ അത്രേരപത്യത്വം വൃത പ്രാപ്ര അനസൂയ ഭഗവാന്റെ ആറാമത്തെ അവതാരമായിട്ടാണ് അത്രി മഹർഷീശ്വരൻ്റെയും അനസൂയദേവിയുടെയും പുത്രനായിട്ട് അവിടുന്ന് അവതരിച്ചു ദത്തൻ എന്നായിരുന്നു അവിടുത്തെ പേര് അത്രി പുത്രനായ ദത്തൻ എന്നർത്ഥത്തിൽ അദ്ദേഹത്തെ ദത്ത ആത്രേയൻ എന്നും വിളിക്കാറുണ്ട് സപ്തമേ ആഹൂത്യാം രുചേരി യജ്ഞ അഭ്യജായത ഭാഗവതത്തിൽ പല ഘട്ടങ്ങളിലായിട്ട് പല സന്ദർഭങ്ങളിലായിട്ട് സൂചിപ്പിക്കുന്ന അവതാരലീലകളെ തന്നെയാണ് ഇവിടെ സൂതൻ ഭാഗവതത്തിലൊരു ഇൻഡെക്സ് എന്ന രീതിയിൽ ആദ്യം തന്നെ അവതരിപ്പിച്ചത് ഭഗവാൻ ആകൂതി ദേവിയുടെ പുത്രനായിട്ട് സ്വായംഭൂമനുവിൻ്റെ പുത്രിയാണ് ആകൂതിദേവി മൂത്തപുത്രി ആ ആകൂതി ദേവിയുടെ പുത്രിയായിട്ട് അവിടുന്ന് യജ്ഞൻ എന്ന പേരിൽ തന്നെ അഭ്യജായത പിറവിയെടുത്തു മനുഷ്യൻ ഒരു ഒറ്റപ്പെട്ട ജീവിയല്ല സാമൂഹ്യ ജീവിയാണ് മനുഷ്യൻ എന്ന ആശയം മനുഷ്യ ഹൃദയങ്ങളിൽ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല മനുഷ്യൻ പ്രവർത്തിക്കേണ്ടത് സമൂഹത്തിൻ്റെ മുഴുവൻ നന്മ മനുഷ്യൻ ജീവിത ലക്ഷ്യമാക്കണം പ്രഹ്ലാദിനെ പോലെ സ്വസ്സ്തു വിശ്വസ്യ ഖല പ്രസീതാം ഭൂതാനി മിഥശിവം ധിയോ ധിയ മനസ്തു ഭദ്രം ഭജതാൽ ആവേശി ഈയൊരു ആശയഗതി മനുഷ്യഹൃദയങ്ങളിൽ വിതയ്ക്കാനായിട്ടാണ് അവിടുത്തെ യജ്ഞൻ എന്ന രീതിയിലുള്ള അവതാരം പിന്നെ അഷ്ടമേ മേരുദേവ്യാതുഭേർ ക്രമ നാഭിമഹാരാജാവിൻ്റെയും മേരുദേവിയുടെയും പുത്രനായിട്ട് അവിടുന്ന് അവതരിച്ചു ഋഷഭ ഇതീതം നാമചകാര ഋഷഭൻ എന്നായിരുന്നു അവിടുത്തെ ആ എട്ടാമത്തെ അവതാരത്തിൻ്റെ പേര് പിന്നെ ഭഗവാൻ്റെ ഒമ്പതാമത്തെ അവതാരമായിട്ട് സൂതൻ അനുസ്മരിച്ചത് പാർത്ഥി വം വപു മഹാരാജാവിൻ്റെ ചരിത്രം അനുസ്മരിക്കുന്നുണ്ട് പൃഥുമാച ചതുർത്ഥസ്കന്ധത്തിൽ ആ പൃഥു മഹാരാജാവ് സാക്ഷാൽ ശ്രീഗുരുവായൂരപ്പൻ്റെ തന്നെ ഒരവതാരാണ് മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ എല്ലാ വിഭവങ്ങളും സ്വന്തം പ്രയത്നങ്ങളിലൂടെ നേടിയെടുത്ത് സ്വയം പര്യാപ്തവും മനസമാധാനപൂർണവുമായൊരു ജീവിതം നയിക്കാൻ മനുഷ്യരെ പ്രാപ്തരാക്കുക എന്നുള്ളതായിരുന്നു അവിടുത്തെ പൃഥു എന്ന അവതാരലീലകളുടെ മുഖ്യ ലക്ഷ്യം പിന്നെ ഭഗവാന്റെ പത്താമത്തെ അവതാരമായിട്ട് സൂതൻ അനുസ്മരിച്ചത് രൂപം സജഗൃഹേ മത്സ്യം മത്സ്യമൂർത്തിയായിട്ട് അവിടുന്ന് അവതരിച്ചു വേദാന് ഉദ്ധരതെ നഷ്ടപ്പെട്ടു പോകുന്ന ഈശ്വര ചിന്തകൾ അത് വീണ്ടെടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവിടുത്തെ മത്സ്യ അവതാരം ധാൻവന്തരം അവിടുത്തെ പതിനൊന്നാമത്തെ അവതാരം കമഠരൂപേണ ഒരു കൂർമ്മരൂപിയായിട്ടായിരുന്നു പാലാഴി മഥനവേളയിൽ മന്ദരപർവ്വതം പാലാഴിയിലേക്ക് ആണ്ടുപോയപ്പോൾ അത് ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് അവിടുന്ന് ഒരാമയുടെ രൂപത്തിൽ അവതരിക്കുകയുണ്ടായി പന്ത്രണ്ടാമത്തെയും പതിമൂന്നാമത്തെയും അവ അവതാരങ്ങളായിട്ട് സൂതൻ അനുസ്മരിച്ചത് ധന്വന്തരി മൂർത്തിയായിട്ട് അവിടുന്ന് സ്വർണകലശത്തിൽ നിറയെ അമൃതുമായിട്ട് അവതരിക്കുകയുണ്ടായി പിന്നെ അതേ അമൃത് ദേവന്മാർക്ക് വിളമ്പിക്കൊടുക്കാനായിട്ട് ഭഗവാൻ ദധാര യോഷിത് രൂപം ദഥാര പരമാത്ഭുതം അത്യത്ഭുതകരമായ ഒരു മോഹിനിരൂപം സ്വീകരിക്കുകയുണ്ടായി ഇതാണ് പന്ത്രണ്ടാമത്തെയും പതിമൂന്നാമത്തെയും അവതാരമായിട്ട് അനുസ്മരിച്ചത് ചതുർദശം നാരസിൽ ദൈത്യേന്ദ്രം ഊർജിതം പതിനാലാമത്തെ അവതാരാണ് അവിടുത്തെ നരസിംഹ അവതാരം പഞ്ചദശം വാമനകം അധ്വരം ബലേ മഹാബലിയെ അനുഗ്രഹിക്കാനായിട്ട് അവിടുന്ന് ഒരു ബ്രഹ്മചാരിയുടെ രൂപത്തിൽ മഹാബലിയുടെ യജ്ഞസദസ്സിലേക്ക് ചെല്ലുകയുണ്ടായി വാമനാവതാരം പിന്നെ അവിടുത്തെ പതിനാറാമത്തെ അവതാരമായിട്ട് പരശുരാമാവതാരത്തെയാണ് ഇവിടെ സൂതൻ അനുസ്മരിച്ചത് ഭഗവാന്റെ പതിനേഴാമത്തെ അവതാരമാണ് അത്രേ വേദവ്യാസൻ കൃഷ്ണദ്വൈവായനൻ തത സപ്തരാക്രേതാ ദൃഷ്ട പിന്നെ ഭഗവാന്റെ പതിനെട്ടാമത്തെ അവതാരം സാക്ഷാൽ ശ്രീരാമ അവതാരം പത്തൊമ്പതാമത്തെയും ഇരുപതാമത്തെയും അവതാരമായിട്ട് ബളരാമൻ്റെ അവതാരത്തെയും ശ്രീകൃഷ്ണ അവതാരത്തെയും സൂതൻ അനുസ്മരിച്ചു ഇരുപത്തൊന്നാമത്തെ അവതാരമായിട്ടാണ് ഖാൽഗിയുടെ അവതാരത്തെ സൂതൻ അനുസ്മരിച്ചത് അവതാര ഹ്യസംഖ്യ ഹരേ സത്വനിധേ ദ്വിജ യഥാവിദാസിൽ സരസസ്യൂ അവതാരങ്ങൾക്ക് കൃത്യമായിട്ട് കണക്ക് വയ്ക്കാനൊന്നും വയ്യ എത്ര അരുവികളുണ്ട് ഈ പ്രപഞ്ചത്തിൽ എന്ന് തിട്ടപ്പെടുത്താൻ ഒരു പക്ഷേ സാധിച്ചു എന്ന് വരാം ഈ അരുവികളൊക്കെ തന്നെ സമുദ്രജലം അങ്ങനെ മേഘങ്ങളായിട്ട് ആകാശത്തിലേക്ക് ഉയർന്നുയർന്നു പോയി പിന്നീടത് മഴയായിട്ട് പെയ്യുന്നു അത് ജലാശയങ്ങളായിട്ടും ദാ ഒഴുക്കായിട്ടും രൂപപ്പെടുന്നു ഒടുവിലത് സമുദ്രത്തിൽ തന്നെ വന്നു ചേരുന്നു ഇതുപോലെ സമുദ്രത്തിൽ നിന്ന് ഉയർന്നു വന്ന ചൈതന്യം വീണ്ടും സമുദ്രത്തിൽ തന്നെ ചെന്ന് ചേർന്ന് ഒരു ഒരു പരിചംക്രമണം പൂർത്തിയാക്കുന്നില്ലേ ഇതുപോലെ തന്നെയാണ് ഭഗവാന്റെ എല്ലാ അവതാരങ്ങളും ഭഗവാന്റെ ചൈതന്യം തന്നെയാണ് അതിന് അല്പം ചില രൂപഭാവങ്ങൾ സംഭവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇതിൽ ഏതേ ചാംശകലാപും കൃഷ്ണസ്തു ഭഗവാൻ സ്വയം അവിടുത്തെ കൃഷ്ണാവതാരം പരമാത്മ ചൈതന്യത്തിൻ്റെ പൂർണ്ണമായ ഒരവതാരമാണെന്ന് സജനങ്ങൾ എല്ലാവരും ഏകസ്വരത്തിൽ അഭിപ്രായപ്പെടാറുണ്ട് ഭഗവാൻ്റെ അവതാരലീലകൾ ഗുഹ്യം അതിൻ്റെ അർത്ഥതലങ്ങൾ കണ്ടെത്താൻ നമ്മളെപ്പോലെ ക്ഷുദ്ര ബുദ്ധികളും ക്ഷുദ്ര മനസ്കരും ആയ ആളുകൾക്ക് സാധിക്കുമെന്ന് പറയാൻ വയ്യ പക്ഷേ ആ അവതാരലീലകളുടെ ആസ്വാദ്യത ഒരു ശ്രമിച്ചാൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുമായിരിക്കും എന്നൊക്കെ പറയുന്നുള്ളൂ എന്തായാലും ഏത് അവ്യക്തം പൂർണ്ണമായിട്ട് ആസ്വദിക്കാൻ നമ്മളെപ്പോലുള്ള ചെറിയ മനുഷ്യർക്ക് സാധിച്ചു എന്ന് വരില്ല പക്ഷേ സജ്ജനങ്ങളുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ആർക്കും ഭഗവത് കഥാരസം പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കും വേദവ്യാസ മഹർഷീശ്വരന് പോലും ഈ കഥാരസം പൂർണ്ണമായിട്ട് ആസ്വദിക്കാൻ സാധിച്ചത് ശ്രീ നാരദ മഹർഷി വന്ന് പ്രേരിപ്പിച്ചപ്പോഴാണ് ശ്രീനാരദ മഹർഷിയുടെ പ്രേരണയനുസരിച്ച് വേദവ്യാസൻ അറിവിൻ്റെ ആഴവും പരപ്പും ഒക്കെ കണ്ടെത്തിയ ആ പുണ്യാത്മാവ് ഭഗവാന്റെ കഥകളെ മാത്രം ആസ്പദമാക്കിക്കൊണ്ട് ഒരു മഹാഗ്രന്ഥം രചിക്കുകയുണ്ടായി ഇതം ഭാഗവതം നാമപുരാണം ആ പുരാണത്തിൻ്റെ പേരാണ് ഭാഗവതം അതിന് കേവലം ഭാഗവതം എന്നല്ല മാമപുരാണം എന്നുവരെ സജനങ്ങൾ അഭിപ്രായപ്പെടേണ്ടായി ബ്രഹ്മാവ് ഭാഗവതം മുഴുവൻ വായിച്ചു നോക്കിയപ്പോൾ ഇതിന് വെറും ശ്രീമത് ഭാഗവതം എന്ന് പറഞ്ഞാൽ പോരാ ഇതിന് നാമപുരാണം എന്ന് തന്നെ പേര് കൊടുക്കാം കാരണം എവിടെയും ഭാഗവതത്തിലെ കഥകളിലൊക്കെ തന്നെ ഭഗവാന്റെ മാഹാത്മ്യവും ഭഗവാൻ നാമമാഹാത്മ്യവും അതിങ്ങനെ ഒരേ ചുവട് ഒപ്പിച്ച് പോകുന്ന ശ്രുതിയും ലയവും പോലെ അങ്ങനെ ഒരുമിച്ച് ചേരുന്ന സമ്പ്രദായത്തിലാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് കണ്ടു ഈ ശ്രീമ ഭാഗവതം അഥവാ മാമപുരാണം വേദവ്യാസ മഹർഷി സ്വന്തം ഉണ്ണിയെ പാടികേൾപ്പിച്ചു ആത്മവദി മഹാരാജ്യം പരീക്ഷിതം ശ്രീശുഖബ്രഹ്മർഷി അച്ഛനിൽ നിന്ന് പകർന്നു കിട്ടിയ ഈ ഭാഗവത കഥാമൃതം പരീക്ഷിത് തുടങ്ങിയ കുറെ സജനങ്ങൾക്ക് പകർന്നു കൊടുക്കുകയുണ്ടായി അന്ന് എന്തോ മഹാഭാഗ്യം കൊണ്ട് അഹം ചാധ്യഗമം തത്രാ നിവിഷ്ട്രാൽ സോഹം വശ്രാവശ്യാമി യഥാതീതം യഥാമീ ഇതുപോലെ കാരണവന്മാരുടെയും സജനങ്ങളുടെയും ഗുരുഹൂതന്മാരുടെയും ഒക്കെ അനുഗ്രഹം കൊണ്ട് എന്തോ ഭഗവത്കഥകളിൽ അല്പം ഒരു താല്പര്യം തോന്നി സജനങ്ങളോടൊരുമിച്ചിരുന്ന് ആ ഭഗവത്കഥകൾ പാടുക കേൾക്കുക അതിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യുക ഇത് മനസ്സിന് എന്തോ രസം പകരുന്ന ഒരു പ്രവൃത്തിയായിട്ട് അനുഭവപ്പെട്ടു നിങ്ങളെപ്പോലുള്ള സജ്ജനങ്ങളുടെ അനുഗ്രഹം കൊണ്ട് ഇതാ ഈ ഒരു ഹൃദയ ഈ ഒരു മനസ്സംസ്കാരം ഈ ബുദ്ധി ഈ കർമ്മ ഈ വാക് സംസ്കാരം കുറേ കൂടി പരിപുഷ്ടമാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിതാ ഭഗവത്കഥകൾ പാടാൻ ശ്രമിക്കട്ടെ അപ്പോഴാണ് ശൗനക മഹർഷീശ്വരൻ മറ്റൊരു ചോദ്യം ചോദിച്ചത് വേദവ്യാസനെപ്പോലെ അറിവിൻ്റെ ആഴവും പരപ്പും കണ്ടൊരും മഹാവ്യക്തിക്ക് ഒരു ഗ്രന്ഥരചന നടത്താൻ വേറൊരാളുടെ പ്രേരണ ആവശ്യമുണ്ടോ കവിതാ കാമിനി ചെയ്യുക സ്വന്തം ഹൃദയത്തിൽ നിന്ന് ഉറവെടുക്കേണ്ടതല്ലേ ഈ രീതിയിലുള്ള കഥാപ്രവാഹങ്ങൾ എന്നൊരു സംശയം ശൗനകൻ ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടി ശ്രീനാരദ മഹർഷിയിൽ നിന്ന് വേദവ്യാസന് ഭാഗവത രചനയ്ക്ക് എപ്പോൾ എങ്ങനെ എവിടെ വെച്ച് പ്രചോദനം ലഭിച്ചു ആ കഥയാണ് ഇനി മൂന്നദ്ധ്യായങ്ങളിൽ അനുസ്മരിക്കുന്നത് ശ്രീവ്യസൗവാച ഇതിഥവതിഹുജരകൗരഗൗവാച സൂതസൂതമഹാഭാഗവദംബരാ കഥം ഭാഗവതീം പുണ്യം യഥാ ഭഗവാൻ ശുഗ കസ്മേ പ്രവൃത്തെ വാഗന ഹേദന കുതോളിത കൃഷ്ണ കൃവാൻ സംനി തോ മഹായീ സമത നിർവികല്പകാന്തമേദ്രോ ഗൂഢോ മൂഢൈവേ ദൃഷ്ടമരമ്യം സുതൃത്ഥമാലക്ഷിതം പാണ്ഡവേശ രാജശ്രീന്മുന സമ്പവാദ സമഭോത്ഥ യത്രീശുതി സ ഗോദോഹനമാത്രം ഗൃഹേഷു ഗൃഹമേധനം അപേക്ഷതി മഹാഭാഗ തീർത്ഥീഗുശ്രമം അഭിമന്യസുതം പ്രാഹുർഭാഗ ർമാണി ജഗൃണീനോ പാണ്ഡൂനോ ഗംഗാധിരാത്മന ശിവാം യു വൈഷുസൃഷ്ടോകരാജനം ജനമന്നേത്വാ പ്രശേയവാജാം സ്നാദമന്നത ശാന്തസാഹിശീതോവാജം ദ്വാവരീസം അനുപ്രാപ്തേ ഇതി യോഗവേൽ ദേയാദാ പരാസരയോഗി വാസവ്യം കലയാഹരി സകദാ ജൽ സരസ്വത്യ ഉപസ്പ്രശ ജലം ശി വിവിധ ദേശാസീനം ഉദിതേ രവിമണ്ഡലേ പരാവരത്മ സഹി കാലേരം വ്യക്ത രമഹസ യോഗധർമ്മം വിതരം പ്രാപ്തം ഭവി യഗേ യുഗേ ഭൗതികാനന്ദภาവാനാം ശക്തിഹ്രാസഞ്ചന കദ അഷ്ടദുഃഖാനാം നിസ്സത്വാനാം